നമസ്കാരം ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്പാലം ഫോൺ തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ്ററുപത് നാൽപ്പത് മൂന്ന് ഒമ്പത് ഭൂമിയുടെ പ്രത്യേകത അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഭൂമിയെ കേന്ദ്രമാക്കി മറ്റുള്ള ഗ്രഹങ്ങളെപ്പറ്റി ചിന്തിക്കണോ ഭൂമി ആധുനിക അല്ലെങ്കിൽ മോഡേൺ സയൻസിൽ നമ്മൾ പഠിച്ചത് ഭൂമി ഒരു ഗ്രഹമാണ് സൂര്യൻ നക്ഷത്രമാണ് ചന്ദ്രൻ ഉപഗ്രഹമാണ് ഒക്കെ പഠിച്ചു പക്ഷേ നമ്മൾ ജ്യോതിഷപ്രകാരം അല്ലെങ്കിൽ നമ്മളുടെ പ്രമാണങ്ങളിലൊക്കെ ഭൂമി ഒരു ഗ്രഹമായിട്ടല്ല ഭൂമി കേന്ദ്രമായിട്ട് സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം മുതലായ ഗ്രഹങ്ങൾ എങ്ങനെയാണ് സങ്കല്പം എന്തുകൊണ്ട് ഭൂമി കേന്ദ്രമായി അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത് പദ്യം ആദ്യം പറഞ്ഞ ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞത് വീണ്ടും നിങ്ങളോർമ്മിക്കണം ഗ്രഹം എന്ന് പറഞ്ഞാൽ പ്ലാനറ്റ് അല്ല നമ്മളെ സ്വാധീനിക്കുന്ന നമ്മളെ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മളിൽ സ്വാധീനം ചെലുത്താവുന്ന ശക്തികളുടെ പ്രതീകങ്ങളാണ് ഗ്രഹങ്ങൾ അപ്പം ഭൂമി എന്തുകൊണ്ട് കേന്ദ്രമായി അതിന് കഴിഞ്ഞ ദിവസം ചില ഉത്തരങ്ങൾ പറഞ്ഞിരുന്നു ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്നത്തെ അറിവ് വെച്ച് ആധുനിക ശാസ്ത്രത്തിൻ്റെ ആയാലും ഏത് ശാസ്ത്ര നമ്മുടെ പുരാതന ശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അറിവ് വച്ച് ഇപ്പോൾ ഈ ഭൂമിയിൽ മാത്രമേ ജീവനുള്ളൂ ജീവനില്ലാത്ത മറ്റൊരു ജീവനുള്ള മറ്റൊരു സ്ഥലം ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ല വേറെ ഏതെങ്കിലും ഗ്രഹങ്ങളിലോ അല്ലെങ്കിൽ ഉപഗ്രഹങ്ങളിലോ അല്ലെങ്കിൽ നക്ഷത്രങ്ങളിലോ വേറെ ഏതെങ്കിലും കോണുകളിലോ ഭൂമിയിലല്ലാതെ വേറൊരു സ്ഥലത്തും ഇതുവരെ ജീവൻ്റെ ഒരു കണിക ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടില്ല ഭൂമിയിൽ മാത്രമേ ജീവനുള്ളൂ അപ്പം അതുകൊണ്ട് നമുക്ക് ഭൂമിയെപ്പറ്റി ചിന്തിച്ചാൽ മതിയല്ലോ ജീവനുള്ള ഈ ഭൂമിയിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഭൂമിയിൽ മാത്രമേ ജീവനുള്ളൂ നമുക്ക് ജീവനുള്ളതിനെ പറ്റിയാണ് ചിന്തിക്കേണ്ടത് ജീവൻ ഇല്ലാത്തതിനെ പറ്റിയിട്ടല്ല ചിന്തിക്കേണ്ടത് ജീവൻ ഇല്ലാത്തതിനെ പറ്റി ചിന്തിച്ചിട്ട് നമുക്കൊരു കാര്യമില്ല ജീവനുള്ളതിനെ പറ്റിയാണ് ചിന്തിക്കേണ്ടത് കാരണം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതം ഈ ഭൂമിയിലാണ് നമുക്ക് മുൻപുള്ളവരും ഈ ഭൂമിയിലാണ് ജീവിച്ചിരുന്നത് ഇനി വരാൻ പോകുന്നവരും ഇപ്പോൾ നമ്മുടെ അറിവ് വെച്ച് ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് ഭൂമി തന്നെയാണ് പ്രധാനം കാരണം നമ്മളെ അധിവസിക്കുന്നതും ഈ ഭൂമിയിലാണ് മറ്റൊരു പ്രത്യേകത ഇപ്പോൾ ലഭ്യമായ അറിവുകൾ വച്ച് അല്ലെങ്കിൽ നമുക്കറിയാം മനുഷ്യൻ തന്നെയാണ് ശ്രേഷ്ഠൻ ഭൂമിയിൽ ഏറ്റവും ജീവിക്കുന്ന ജീവജാലങ്ങളിൽ മനുഷ്യൻ തന്നെയാണ് ശ്രേഷ്ഠൻ ചിന്തിക്കുന്ന കഴിവുള്ള ചിന്തിക്കാൻ കഴിവുള്ള ഒരേ ഒരു മനുഷ്യനാണ് ബാക്കി പല ജീവജാലങ്ങൾക്കും ചിന്തിക്കാനുണ്ടെങ്കിലും ചിന്തിച്ച് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ആലോചിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചിന്തിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ചാൽ ഏത് സ്റ്റേജ് വരെ എത്താനും കഴിവുള്ള ഒരേ വ്യക്തിത്വം ഒരേ ഒരു മനുഷ്യൻ മാത്രമാണ് വേണം എന്ന് വിചാരിച്ച് പ്രവർത്തിച്ചാൽ വേണം ഒരു കാര്യം വേണമെന്ന് വിചാരിച്ച് അതിനുവേണ്ടി ആത്മാ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചാൽ ആ കാര്യം നേടിയെടുക്കാനും അതുവരെ എത്താനും കഴിവുള്ള ഭൂമിയിലെ ജീവജാലങ്ങളിലെ ഒരേ ഒരു ജീവജാലം മനുഷ്യന്മാത്രമാണ് അപ്പം നമുക്ക് ഈ ഭൂമിയും ഈ ഭൂമിയിലുള്ള മനുഷ്യനെയാണ് പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത് അപ്പം അതുകൊണ്ടുതന്നെ ഭൂമിയെ നമ്മൾ കേന്ദ്രമായിട്ട് കണക്കാക്കി അതിൽ തന്നെ ഭൂമിയിൽ മനുഷ്യരെ പറ്റിയാണ് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുന്നത് ഞാനൊരു മനുഷ്യനാണ് എന്നെ തന്നെ കോടിക്കണക്കിന് മനുഷ്യർ ഈ ഭൂമിയിലുണ്ട് ഭൂമിയുടെ മറ്റൊരു പ്രത്യേകത ഭൂമിയിൽ മാത്രമേ വായുമണ്ഡലുള്ളൂ വായുമണ്ഡലുള്ളത് ഭൂമിയിൽ മാത്രമാണ് ഓക്സിജൻ ജീവവായു അതുകൊണ്ടാണ് ഭൂമിയിൽ ജീവനുള്ളത് ഈ ഓക്സിജൻ കൃത്യമായും ഭൂമിയുടെ ചുറ്റും തങ്ങി നിൽക്കുന്നത് ഭൂമിക്ക് ഗൂ ഭൂഗുരുത്വ ബലമുള്ളതുകൊണ്ടാണ് ഭൂഗുരുത്വ ബലമുള്ള വേറെയും ഗോളങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഭൂമിയിൽ ഭൂഗുരുത്വ ബലമുള്ളത് കൊണ്ട് ഈ ഓക്സിജൻ ഭൂമിയിൽ നിന്നും പോകാതെ ചുറ്റുപാട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഭൂമി ഒരുപാട് പ്രത്യേകതകളുള്ളവാണ് ഭൂമിക്ക് ചുറ്റും വായുമണ്ഡലമുണ്ട് ഭൂഗുരുത്വ ബലമുണ്ട് ഈ ഭൂഗുരുത്വ ബലം ഈ വായുമണ്ഡലം നമുക്ക് ലഭ്യമായിട്ട് അധികം നഷ്ടപ്പെടാതെ നിലനിൽക്കുന്നുണ്ട് ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ശ്വസിക്കുന്നത് ഈ വായുവിനെയാണ് എല്ലാ മനുഷ്യരും കുടിക്കുന്നത് വെള്ളമാണ് എല്ലാ മനുഷ്യരും കഴിക്കുന്നത് ഭക്ഷണമാണ് എല്ലാ മനുഷ്യൻ്റെയും ശരീരഘടന ഒന്നാണ് കാര്യമായിട്ടുള്ള നിറത്തിലോ അല്ലെങ്കിൽ രൂപത്തിലോ ആണ് കാര്യമായിട്ട് വ്യത്യാസങ്ങളുള്ളൂ ആന്തരികമായിട്ടുള്ള ശരീരഘടന ഒക്കെ ഒരുപോലെയാണ് ഒരുവിധം മനുഷ്യൻ്റെ ചിന്തയും ഒരുപോലെ തന്നെയാണ് പറയുക ഒരുപോലെയെന്ന് പറഞ്ഞാൽ ലോകത്തിൽ എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന പൊതുവായ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളാദ്യത്തെ ദിവസം പറഞ്ഞതുപോലെ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും അത് അമേരിക്കയിലാണെങ്കിലും ആഫ്രിക്കയിലാണെങ്കിലും മെക്സിക്കോയിലാണെങ്കിലും ബ്രസീലിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും നേപ്പാളിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും മനുഷ്യനെ പൊതുവായി ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് മനുഷ്യനെ പൊതുവായി സ്വാധീനം ചെലുത്താവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം അതുകൊണ്ടുതന്നെ നമ്മൾ ഭൂമിയെയും അതിൽ മനുഷ്യനെ പറ്റിയാണ് ചിന്തിക്കുന്നത് അതുകൊണ്ടുതന്നെ ഭൂമി കേന്ദ്രമാക്കി വെച്ചിരിക്കണോ അതിൽ ഭാരതീയ കൺസെപ്റ്റ് ഞാനൊരു മനുഷ്യനാണ് എന്നെ സ്വാധീനിക്കാൻ കഴിയുന്ന എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിവുള്ള എന്നെ സ്വാധീനിക്കാൻ കഴിവുള്ള എല്ലാം ഈ ലോകത്തിനെ മുഴുവൻ സ്വാധീനിക്കാൻ കഴിയുന്നതാണ് എന്നിലുള്ളതെല്ലാം ഈ ലോകത്തിലുണ്ട് ഈ ലോകത്തിലുള്ളതെല്ലാം എന്നിലുണ്ട് എന്നിലുള്ളവെല്ലാം ഈ ഭൂമിയിലുണ്ട് ഈ ഭൂമിയിലുള്ളതെല്ലാം എന്നിലും ഉണ്ട് അതുകൊണ്ട് എനിക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്നെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെല്ലാം ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരെയും സ്വാധീനിക്കും എന്നിലുണ്ടാകുന്ന മാറ്റം ഈ ഭൂമിക്കും മാറ്റമായിട്ട് തീരും ഈ ഭൂമിയിലുണ്ടാകുന്ന മാറ്റം എനിക്കും മാറ്റമായിട്ട് തീരും അതുകൊണ്ട് എന്നെ എന്തെല്ലാം സ്വാധീനിക്കുന്നു ആ സ്വാധീനിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ഭൂമിയെ മൊത്തം സ്വാധീനിക്കുന്നുണ്ട് ഈ ഭൂമിയെ മൊത്തം ബാധിക്കുന്നുണ്ട് എന്ന കൺസെപ്റ്റ് അനുസരിച്ചിട്ട് കാര്യങ്ങൾ നീക്കിക്കഴിഞ്ഞാൽ ഈ ഭൂമിക്ക് മൊത്തം മാറ്റം വരുത്താൻ എന്നെ സ്വാധീനം ചെലുത്താവുന്ന കാര്യങ്ങൾ ഭൂമിയെ മൊത്തം സ്വാധീനിക്കും എന്ന ഒരു ചിന്ത നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ ഈ ലോകത്തിനെ മുഴുവൻ ഒറ്റ കുടുംബമായിട്ട് ഒറ്റ സങ്കല്പമായിട്ട് വസുധൈവ കുടുംബകം എന്നൊരു സങ്കല്പം നമുക്കുണ്ടാവും അതുതന്നെയാണ് നമ്മൾ ഭൂമിയെ കേന്ദ്രമായിട്ട് ലഗ്നം എന്ന പേരിലില്ല എന്ന് കരുതുന്നതും അല്ലെങ്കിൽ തന്ത്രത്തിലാണെങ്കിൽ ലം എന്ന് പറയുന്നതും ഒക്കെ ഈ ഭൂമിയെ ഒറ്റ കുടുംബമായിട്ട് സങ്കല്പിച്ചിട്ടാണ് ഇനി സൂര്യൻ ചന്ദ്രൻ എന്ന രണ്ട് സങ്കല്പങ്ങളെ പറ്റിയാണ് ഇനി പറയുന്നത് അടുത്ത ദിവസം പറയാം ഈ ഇത് കേൾക്കുന്നവർക്ക് സംശയങ്ങളുണ്ടാവും അഭിപ്രായങ്ങളുണ്ടാവും തീർച്ചയായിട്ടും അതൊക്കെ രേഖപ്പെടുത്തണം സംശയങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടാകുമ്പോഴാണ് നമുക്കിതിനൊരു ചർച്ചയുടെ സ്വഭാവം വരുകയുള്ളൂ മാത്രമല്ല പുതിയ പുതിയ അറിവുകൾ ഉണ്ടാവുള്ളൂ ഞാൻ പറയുന്നു നിങ്ങൾ കേൾക്കണു എന്നതിന് നിങ്ങൾ സംശയങ്ങൾ ചോദിക്കണം സംശയങ്ങൾ ഉണ്ടാവണം അതുപോലെ അഭിപ്രായങ്ങൾ ഉണ്ടാവണം അത് വ്യക്തിപരമായിട്ടോ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം എൻ്റെ നമ്പർ ഞാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഇതെൻ്റെ എൻ്റെ ചില കണ്ടെത്തലുകൾ അല്ലെങ്കിൽ എൻ്റെ ചില അറിവുകൾ എൻ്റെ ചില ധാരണകൾ പങ്കുവെക്കുകയാണ് ഇത് പൂർണ്ണമായിട്ടും ശരി എന്നാലും വിശ്വസിക്കരുത് നിങ്ങൾക്ക് ചിന്തിക്കാം ആലോചിക്കാം ശരിയാണെന്ന് തോന്നുന്നുണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം അല്ലെങ്കിൽ തള്ളിക്കളയാം എതിർക്കേണ്ടവർക്ക് എതിർക്കും ചെയ്യാം എന്തായാലും അടുത്ത ദിവസങ്ങളിൽ നമ്മൾ സൂര്യൻ ചന്ദന എന്ന മഹാസങ്കല്പങ്ങളെ പറ്റിയിട്ടുള്ള ചിന്തയിലേക്ക് കടക്കുന്നു നമസ്കാരം